സർവസ് ആത്മത്വച്ച ബ്രഹ്മസ്തിത്വ പ്രസിദ്ധി എല്ലാവർക്കും ബ്രഹ്മത്തിന്റെ അസ്തിത്വം അറിയാം എല്ലാവരും ബ്രഹ്മത്തെ അറിയും സർവോഹി ആത്മാഅസ്തിത്വം പ്രത്യേകിച്ച് ബ്രഹ്മത്തിന്റെ അസ്തിത്വത്തെ അറിയും എന്ന നാഹമസ്മി ആരും ഞാനില്ലാന്നറിയുന്നില്ല യഥിഹി നത്മാഅസ്തിത്വ പ്രസിദ്ധീസ് ആത്മാവിന്റെ അസ്തിത്വം ഞാൻ ഇല്ലെങ്കിൽ സർവോ ലോകോ നാഹമസ്മീതി പ്രതിക സർവ്വരും ഞാനില്ല എന്നറിഞ്ഞെ ആ ആത്മാജ ബ്രഹ്മ ഇവിടെ ആത്മാവ് തന്നെയാണ് ബ്രഹ്മ ബ്രഹ്മം തന്നെയാണ് ആത്മാവ് അതവിടെ പറയുന്നത് തസ്മാ പദാർത്ഥത്തെ ശുദ്ധത്വേഹേ ശബ്ദത ജീവാത്മന പ്രത്യക്ഷതീല് എന്താണ് അത് ശുദ്ധബുദ്ധമാണ് നിത്യശുദ്ധബുദ്ധമുക്തമാണ് അതി ശബ്ദ ശബ്ദം കൊണ്ട് തന്നെ അറിയാൻ പറ്റും നിത്യശബ്ദ ബുദ്ധമായിരിക്കുന്ന ബ്രഹ്മത്തിന് ശബ്ദം കൊണ്ടറിയാൻ പറ്റും പറഞ്ഞാ എന്താർത്ഥം വേദം കൊണ്ടറിയാവുന്നതാണ് ശബ്ദം കൊണ്ടറിയാമെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നു ശബ്ദം വേദമാണ് പദാർത്ഥ ജീവാത്മന പ്രത്യക്ഷത പ്രസിദ്ധി നിത്തൊമ്പതത്തിന്റെ അർത്ഥം ജീവാത്മാവാണ് അത് പ്രത്യക്ഷത പ്രസിദ്ധേ എല്ലാവർക്കും പ്രത്യക്ഷമായി അറിയാം നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു അഹം എന്ന് പറയുന്നത് കൊണ്ട് അഹം ബോധത്തന്നെ അറിയുന്നുള്ളു ആത്മാവിനെ എവിടെ അറിയുന്നു എന്ന് ചോദിച്ചു അഹോ എന്നറിഞ്ഞാ അഹത്തെ അറിയുന്നു ആത്മാവിനെ എവിടെ അറിയുന്നു പറയുന്നു അഹോ എന്ന് പറഞ്ഞാൽ അറിയുന്നത് ജീവാത്മാവിനെയാണ് എങ്ങനെ അറിയ പ്രത്യക്ഷമായി അതെല്ലാവരും അറിയുന്നു എന്താണ് ജീവാത്മാവിനെ അഹോ എന്നുള്ളത് എല്ലാവരും അറിയുന്നു അഹോം എന്നുള്ള അനുഭവം കൊണ്ട് എല്ലാരും ജീവാത്മാവിനെ അറിയുന്നുണ്ടോ ഉണ്ടോ അതുണ്ട് ഇവിടെ പറയുന്നത് ജീവാത്മാവിനെ അറിയുന്നുണ്ടെന്നാണ് അഹോന്നുള്ള അനുഭവം കൊണ്ട് ജീവാത്മാവിനെ എല്ലാരും അറിയുന്നുണ്ടോ ഉം അത് ശരി അറിയുന്നുണ്ടോന്നാണ് ജീവാത്മാവിനെ ഞാൻ എന്ന് പറയുമ്പോ ജീവാത്മാവിനെ അറിയുന്നുണ്ടോ ശരി ജീവാത്മാവിനെ അറിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ എന്നുള്ള അനുഭവത്തിലൂടെ ജീവാത്മാവെന്ന് പറയുന്ന അറിഞ്ഞിരുന്നുവെങ്കിൽ പുസ്തകം എന്ന് പറയുമ്പോൾ പുസ്തകത്തെ അറിയുന്നവനെ പ്രത്യക്ഷമായി അറിഞ്ഞെങ്കിൽ പിന്നെ അക്കാര്യത്തി വേറെ തർക്കവും വരത്തില്ല പക്ഷെ ഇവിടെ അദ്വൈതീ പറയുന്ന എന്താണ് ഞാൻ എന്നുള്ള അനുഭവത്തിൽ ജീവാത്മാവിനെ അറിയുന്നു എന്നുള്ളതാണ് പക്ഷെ പ്രത്യക്ഷമായി ആരെങ്കിലും അറിയുന്നുള്ളോന്ന് ചോദിച്ചാൽ എല്ലാവരും അഹം എന്നുള്ള അനുഭവത്തിനപ്പുറം അറിയുന്നില്ല ഞാൻ എന്നേ അറിയുന്നുള്ളൂ നീ ആര് ഞാൻ ഞാനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ പേര് പറയും തന്റെ വിശേഷതകളൊക്കെ പറയും ഈ ഞാൻ എന്ന് നെജത്ത് കൈവച്ച് പറയുക എന്ന് ചോദിച്ചാൽ ഈ സംഭവത്തെയാണ് ശരീരം മനസ്സ് എല്ലാം കൂടിച്ചേർന്ന ഈ സംഭവത്തെയാണ് ഒരാൾ ഞാനെന്നറിയുന്നത് അല്ലാതെ ജീവാത്മാവിനെ അല്ല ഇതാണ് അനുഭവം പ്രത്യക്ഷമായി ഞാനെന്നറിയുന്നത് ശരീരവും മനസ്സും എല്ലാം ഉൾപ്പെട്ട് കഴിഞ്ഞാൽ തന്നെയാണ് ഇതാണ് വാസ്തവം പക്ഷെ ഇവിടെ പറയുന്നു ഞാനെന്ന് പറഞ്ഞാൽ അറിയുന്നത് ജീവാത്മാവിനെയാണെന്ന് എന്തുകൊണ്ട് പറയുന്നു അറിയുന്നു എന്ന് പറയുന്നു എന്തുകൊണ്ട് പറയുന്നു ഞാനെന്ന് പറഞ്ഞാൽ ജീവാത്മാവിനെയാണ് അറിയുന്നു എന്ന് പറയുന്നതാണ് സിദ്ധാന്തം അതൊരു സിദ്ധാന്തം നിങ്ങൾ അതിനെയാണ് അറിയുന്നത് എന്ന് പറയുന്നതാണ് അദ്വൈതത്തിന്റെ സിദ്ധാന്തം എന്ന് വെച്ചാൽ അത് ഞാനെന്ന് പറയുന്ന പറയുമ്പോൾ ജീവാത്മാവിനെ ആരും അനുഭവിക്കുന്നില്ല അവിടെ അഹംബുദ്ധി മാത്രമേ ഉള്ളൂ പരമാവധി ഞാനെന്ന് പറഞ്ഞറിയുന്നത് തന്നെയാണ് താനെന്ന് പറയുന്ന വ്യക്തിയാണ് അത് പ്രത്യേകിച്ച് ശരീരമോ പ്രത്യേകിച്ച് മനസ്സോ എന്ന് എല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് പച്ച ഞാനെന്ന് പറഞ്ഞാൽ ഈ തന്നെയാണ് അറിയുന്നതെന്ന് പറഞ്ഞത്മാവന ജീവാത്മനെവിനെയാണെന്നുള്ളത് വ്യാഖ്യാനിക്കയാണ് അദ്ദേഹം വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഈ തന്നെ പിന്നെ ജീവാത്മാവിനെയാണ് അപ്പോ വ്യാഖ്യാനത്തിലൂടെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തല്ല എന്തല്ല പ്രത്യക്ഷം പ്രത്യക്ഷംന്ന് പറഞ്ഞാൽ പിന്നെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല ഈ പ്രസ്തവമാണ് പ്രത്യക്ഷമാണ് അപ്പൊ പറഞ്ഞാൽ യുവാത്മാവിനെ ഈ ലോകത്ത് ആരും പ്രത്യക്ഷമായി അറിയുന്നില്ല പക്ഷെ പ്രത്യക്ഷമായി അറിയുന്നാണ് അദ്വൈതത്തിന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവെന്ന് പറയുന്ന സാധനത്തിന് അദ്വൈതികള് പറയുന്നത് അവരുടെ വ്യാഖ്യാനത്തിലൂടെയാണ് പറയുന്നത് അല്ലാതെ ഈ ആത്മാവെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അദ്വൈതിക്ക് പ്രത്യക്ഷത്തെ കൊണ്ടുവരാൻ പറ്റില്ല അതിലറിയുന്നില്ല പിന്നെ ശബ്ദത്തെ കൊണ്ടുവരാം വേദത്തെ കൊണ്ടുവരാം വേദത്തിൽ പറയും ഇങ്ങനെ ഒരാത്മാവുണ്ട് പ്രത്യക്ഷമല്ല വേദത്തിൽ പറയുന്നുണ്ട് ഒരാത്മാവുണ്ട് അപ്പൊ വേദത്തെ അംഗീകരിക്കാത്തവരാണെങ്കിലോ അതുകൊണ്ടാണ് പണ്ഡിച്ച് ചാറവാകന്മാരെ പറഞ്ഞത് ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ഈ ആത്മാവ് പറയുന്ന ഒരു സാധനമേ ഇല്ല നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ശരീരം ഉൾപ്പെടെയുള്ള ഈ ഓരോ വ്യക്തിയാണ് അറിയുന്നത് ഞാനെന്ന് പറഞ്ഞു അല്ല ആത്മാവെന്ന് പറഞ്ഞ് നിങ്ങളീ ഒരു ജീവാത്മാവിനെ ആരും പ്രത്യക്ഷമായി അറിയുന്നില്ല ശരീരത്തെ അറിഞ്ഞതിനാണ് നിങ്ങൾ എന്ത് പറയുന്നു ജീവാത്മാവ് ഇതാണ് ചാർവാകന്മാർ പണ്ട് പറഞ്ഞു അതുകൊണ്ടാണ് അവരെ പൊതിച്ചറിഞ്ഞു ചാർവാകന്മാര് നിങ്ങൾ ഏതുപക്ഷത്തിലാണ് ചാർവാഹകന്റെ പക്ഷാണോ അദ്വീതിയുടെ പക്ഷാണോ അന്ദ്വീതിയുടെ പക്ഷോ ഒരാള് എല്ലാവർക്കും വേണ്ടി ഒരാൾ പറഞ്ഞതാണോ അത് ഓരോരുത്തർക്കും അഭിപ്രായമുണ്ടോ അടുത്ത ചാർവാഹന്റെ പക്ഷം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചു ഇപ്പോ അദ്വൈതത്തില് വ്യാഖ്യാനിക്കുന്ന ശാസ്ത്രത്തിനനുസരിച്ച് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു അതാണ് പ്രത്യക്ഷത പ്രസിദ്ധ എന്ന് പറയുന്നത് അത് വ്യാഖ്യാനമാണ് അല്ല അപ്രത്യക്ഷമായ ആരും ആത്മാവിനെ അറിയുന്നില്ല അവനെ വ്യാഖ്യാനിക്കുന്നു അത് ഒരു പ്രത്യേക പോയിന്റാണ് മനസ്സിലാക്കേണ്ടത് ത്തിന് കാരണം ആത്മാവ് ഉണ്ട് എന്നുള്ള മനുഷ്യന്റെ വിശ്വാസം വിശ്വാസമാണ് പു അതെ കാശ് വാങ്ങിച്ചെടുക്കുന്നുണ്ട് പിന്നെ പുനർജന്മ അത് നമ്മളെ പറയപ്പിക്കാൻ പറ്റില്ല ഗുരു തുടങ്ങി കഴിച്ചാണ് വിശ്വാസ അവസാന വിശ്വാസം ചെയ്തു അതാത് ചെയ്യാൻ സാറിന് ഇല്ലെന്നും പറഞ്ഞു ആത്മാവുണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് ഹാജരാകാൻ പറ്റത്തില്ല അത് വച്ചിട്ട് പുനർജന്മത്തെ ആ അനുഭവം വെച്ചിട്ട് ആത്മാവുണ്ടെന്ന് പറയും ആത്മാവുണ്ടെന്ന് അംഗീകരിച്ചാൽ പുനർജന്മത്തെ അംഗീകരിക്കാം പിന്നെ ഈ ചിലർ പറയുന്നത് അഹം എന്ന് പറയുന്നത് ഇങ്ങനെ ധ്യാനിക്കുമ്പം ധ്യാനിച്ചവർക്ക് അഹം അനുഭവം നഷ്ടപ്പെട്ടു പോകുന്നു അഹം അനുഭവം നഷ്ടപ്പെട്ടു പോയിട്ട് എവിടെയോ എത്തിച്ചേരുന്നു അതാണ് ആത്മാവ് അപ്പോ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആത്മാവുണ്ടെന്ന് പറയുന്നവരുമുണ്ട് രമണമോർഷിയൊക്കെ പറയുന്നതാണ് അഹം ഇങ്ങനെ അഹത്തിനന്വേഷിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞ അവസാനം ആത്മാവിൽ എത്തിച്ചേരുന്നു അപ്പോ അത് വ്യക്തിപരമായൊരനുഭവാണ് വ്യക്തിപരമായൊരു അനുഭവം ഉണ്ടാകുന്നതിന് കാരണം എന്തെന്നുള്ളത് ഈ അനുഭവിക്കെന്നാണൊരിക്കലും പറയാൻ പറ്റില്ല കാരണം എന്തുകൊണ്ട് അവിടെ അയാളുടെ അനുഭവം നഷ്ടപ്പെടുകയായിരുന്നു പിന്നെ അവിടെ എന്ത് സംഭവിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി എക്സ്പെരിമെന്റ് നടത്തിയാലേ അറിയാൻ പറ്റും കാരണം അയാളുടെ സബ്ജെക്റ്റീവ് എക്സ്പീരിയൻസ് അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് പിന്നെ എവിടെയോ എത്തിച്ചേരുന്നു എന്ന് അവിടെ എത്തിച്ചേരുന്നു എന്നുള്ളത് അതിന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ബ്രെയിൻ സ്റ്റഡി നടത്തിയാലേ പറ്റൂ കാരണം അത് ഇന്നത്തെ ഇതനുസരിച്ച് എന്താണ് ൾ തെളിവ് ചോദിക്കുന്നു തെളിവ് ചോദിക്കുന്ന കാരാണോ അവിശ്വാസികളാണോ വിശ്വാസികൾക്ക് തെളിവിന്റെ ആവശ്യമില്ല വിശ്വസിച്ചു ഒരു യഥാർത്ഥ വിശ്വാസിയാവുക ഒരു നല്ല വിശ്വാസിയാവുക എന്ന് പറഞ്ഞാൽ ഒരു തെളിവും ചോദിക്കരുത് ഒരാത്മാവുണ്ടെന്നു വിശ്വസിക്കുക പുനർജന്മം ഉണ്ടെന്ന് വിശ്വസിക്കുക വിശ്വസിക്കാൻ സംശയിക്കാൻ പാടില്ല അവിശ്വാസികളാ സംശയിക്കുന്നു എല്ലാവരും നല്ല വിശ്വാസികളാവും സത്യവിശ്വാസിയാവും അതാണ് നല്ലത് പിന്നെ വിശ്വസിക്കുന്ന എന്താണ് അവിടെ പറയും ബൈബിള് പറഞ്ഞു വിശ്വസിക്കുന്നു ബൈബിളിനെന്ത് പറഞ്ഞിരിക്കുന്നു ക്രിസ്തു ചത്തിട്ട് മൂന്നാം നാള് എണ്ണേറ്റ് അപ്പൊ ചത്ത മനുഷ്യർ മൂന്നാം നാളുടെ തെളിവ് ചോദിക്കരുത് ഭയോട് പറഞ്ഞിരിക്കുന്നോണ്ട് വിശ്വസിച്ചുകൊണ്ട് ഇവിടെയും പറയുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങള് വിശ്വസിക്കണം എന്തുകൊണ്ട് വേദത്തി പറഞ്ഞു ൂർവകത്വ്യാർത്ഥാനി വാക്യാ തീ അവിടെ എന്ന് പറഞ്ഞാൽ തത്താണ് ഇത് എങ്ങനെ മനസ്സിലായി തത്ത് മസി എന്ന് പറയുന്ന വാക്യത്തിൽ മനസ്സിലാവും അപ്പൊ തത്ത് അസിയാദ്യം പദാർത്ഥാനം ഉണ്ടാവണം അത് എന്താണെന്നറിയണം നിത്യശുദ്ധ ബുദ്ധമുക്ത ബ്രഹ്മമാണ് പിന്നെ ത്വം എന്താണെന്നറിയണം ജീവാത്മാവാണ് ഇത് രണ്ടും ഒന്നാണ് എന്നറിയണം രണ്ടെന്നാണ് പറയുന്നത് അപ്പോ ഈ തത്വമസി എവിടെ വേദത്തിൽ നിന്ന് അപ്പോ ജീവാത്മാവ് പരമാത്മാവാണെന്ന് എവിടുന്നറിയുന്നു വേദത്തിൽ നിന്നറിയുന്നു അപ്പൊ വേദം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പഴയ ആദിവാസികൾ പാടിയ പാട്ടല്ലേ അതിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നു അത് വിശ്വസിക്കുക അവർ പറഞ്ഞിരിക്കുകയാണ് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് പറയാതെ വിശ്വസിക്കാൻ പറ്റും തത്വം മസീ എന്ന് പറയുന്ന പഴരം പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടല്ലോ ഞാൻ നേരത്തെ ആറ് പോണം വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഓർമ്മയേണ്ട ആറ് തരത്തിൽ വ്യാഖ്യാനിക്കാമല്ലോ നിങ്ങൾ തൽക്കാലം ഞങ്ങൾ പറയുന്ന വിശ്വസിക്കുക ബാക്കിയെല്ലാം വിട്ടുകളയോ അന്ന പ്രശ്നമൊന്നുമില്ല അപ്പം ഇത് അവസാനിവിടെ വന്നിരിക്കും മനുഷ്യന്റെ വിശ്വാസത്തിൽ നന്ദി വിശ്വാസം മോശമല്ല വിശ്വാസം ആശ്വാസമാണ് ആണോ ആ അതുപോലെ ഇവിടെ വിശ്വസിക്കാത്തവരാണ് നാസ്തികന്മാർ എന്താണ് പാടിയത് പഴയ പള്ളിപ്പാട്ടൊക്കെ ഓർമ്മ ആ അതെ ഏ അത് നമ്മള് വ്യാഖ്യാനിക്കും പോലെയാണ് സുവിശേഷ എടുത്തു വച്ചിട്ടേ മാന്തി പൊളിച്ചു നോക്കി അതിനകത്ത് യോഗ കാണും മറ്റു കാണും മറിച്ച് കാണും മാന്തിപ്പറിക്കണം അത് ഏതേലും കാണും അത് അതിനകത്ത് വേണോന്നൊന്നുമില്ല നമ്മളെന്ത് ചെയ്യുന്നതാണ് പൊളിച്ചെടുക്കുന്നതാണ് അദ്ദേഹം മനുഷ്യന്റെ സാമർഥ്യങ്ങളാണ് കണ്ടെത്തുക എന്നുള്ളതാണ് വ്യാഖ്യാനിക്കുക വ്യാഖ്യാനിച്ച് മറിക്കുക എന്തും കിട്ടും അവരങ്ങനെ അംഗീകരിക്കുന്ന അവർക്ക് അതിന്റെ ആവശ്യമില്ല അവരുടെ തിയോളജിയാണ് മനസിലായോ അവരെ അത് വ്യാഖ്യാനിക്കുന്നതിൽ അവര് പ്രഗൽഭന്മാരായ സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭന്മാരായ തിയോളജിസ്റ്റുകൾ ഉണ്ടായിരുന്നു അവര് വ്യാഖ്യാനിച്ചുവെച്ചിട്ടുണ്ട് നിങ്ങളിവിടെ നിന്ന് പൊട്ട വേദാന്തികൾ എടുത്തു വെച്ചിട്ട് അതൊരു യോഗയാണ് മറ്റാണെന്ന് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല അവർക്കൊരു വലിയ ഗുരുപരമ്പരയുണ്ട് അഭിനാസ് എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുസ്റ്റ് ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ചൂഷണം ചെയ്യുന്നൊരു പദ്ധതിയാണെന്ന് ഈ ആൾക്കാരെന്താ തിരിച്ചറിയാതായത് എന്റെ ഒരു പ്രശ്നം കൊറേ ആൾക്കാർ ജീവിക്കാൻ വേണ്ടിട്ട് അവർക്ക് എന്തൊരു ഹയരാർക്കി പോലെ ഇങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് അതെ മയക്കുമരുന്ന് കഴിക്കുന്നവന് അത് ബ്രെയിനിനെ നശിപ്പിക്കുന്നാണെന്ന് ബോധം ഉണ്ടാവും <laughs> ോ അത് ഇവരെ കോടിയാണെന്ന് അറിയാനായിട്ട് ഈ കൊറോണ വന്നപ്പോ ഇവർ ആരെയും കണ്ടിട്ടില്ല വെളിയിൽ പോലും കണ്ടിട്ടില്ല ഇവരുടെ പക്ഷെ അതൊക്കെ മനുഷ്യൻ മറന്നുപോകല്ലോ വീണ്ടും എന്റെ പിറകെ അടക്കായിരുന്നു പിന്നെ അപ്പോ ഇവിടെ പറയാണ് പദാർത്ഥ ജ്ഞാനപൂർവ്വത്വച്ച വാക്കിയാർത്ഥാന പദാർത്ഥ ജ്ഞാനം എന്ന് വെച്ചാൽ ആദ്യം തത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം പരമാത്മാവ് പിന്നെ തൊമ്മിന്റെ അർത്ഥം മനസ്സിലാക്കണം ജീവാത്മാവ് പിന്നെ രണ്ടും കൂടെ ചേർക്കണം അതാണ് പദാർത്ഥാനം ഓരോ പദങ്ങളുടെയും അർത്ഥജ്ഞാനം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താകുന്നു വാക്യാർഥാനം അസീന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥം അപ്പോ വാക്യത്തിൽ നിന്നാണ് ഇത് മനസിലാക്കുന്നത് ഈ വാക്യത്തിൽ ഇങ്ങനൊരു അർത്ഥം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു വാക്യത്തിൽ ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും വേദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ശങ്കരാചാര്യടെ വ്യാഖ്യാനത്തിന്ന് മനസ്സിലാവും വേറെ ഏതെങ്കിലും വായിച്ചാലും പറ്റില്ല ശങ്കരാചാര്യ വ്യാഖ്യാനിച്ച് അതിന് ശങ്കരാ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ പറയുന്ന ഈ അനുഭവത്തിൽ ഞാൻ ഈ അനുഭവത്തിലുള്ള ആത്മാവിനെ അറിയുന്നില്ലല്ലോ അതിനുപോലും ശങ്കരാചാര്യ ഒരു മറുപടി പറഞ്ഞില്ല ഇവിടെ എന്തുകൊണ്ട് പറഞ്ഞില്ല മറുപടിയില്ല മറുപടി പറയാൻ പറ്റില്ല കാരണം ആർക്ക് ഞാനെന്നേ അനുഭവ ആത്മാവിനാരും അറിയുന്നു അത് തന്നെ എല്ലാരും ആത്മാവിനെ അറിയുന്നുണ്ട് ഞങ്ങൾ ഞാനെന്നേ അറിയുന്നുള്ളൂ ആരും ആത്മാവിനെ അറിയുന്നില്ല ആ ചോദ്യത്തിനൊന്നും മറുപടിയില്ല ഇന്ന് പറയും പേടിക്കണ്ട ഇത് പറയുന്നത് എന്താണ് പദാർത്ഥപൂർവകത്വച്ച വാക്യാർത്ഥാന് പദാർത്ഥ ജ്ഞാനപൂർവകം ആണ് വാക്യാർത്ഥാനും ആദ്യം പദങ്ങളുടെ അർത്ഥം ഞാനറിയുക പിന്നീട് വാക്യാർത്ഥാനത്തെ അറിയുക ത്വം പദാർത്ഥ ബ്രഹ്മഭാവ അപഗമ തത്വമസിവാക്യാഭാവ എന്നുവച്ചാ ത്വം പദാർത്ഥം ത്വം പദത്തിന്റെ അർത്ഥം ബ്രഹ്മമാണെന്നുള്ള ജ്ഞാനം തത്വമസി വാക്യത്തിൽ നിന്ന് അറിയാം അപ്പൊ തൊമ്പതാർത്ഥം എന്താണെന്ന് ആദ്യം അറിയണ്ടേ അത് ജീവാത്മാവാണ് അത് പരമാത്മാവാണെന്ന് എങ്ങനെ അറിയാം തത്വമസി വാക്യത്തെ എന്ന് അറിയാം അപ്പൊ തൊമ്പതാർത്ഥം ജീവാത്മാവാണെന്ന് എങ്ങനെ അറിയാം ശബ്ദത്തിൽ അതെല്ലാവർക്കും അറിയാം പ്രത്യക്ഷമായിട്ട് എന്നാണ് ഇവിടെ പറയുന്നത് തൊമ്പതത്തിന്റെ അർത്ഥം ജീവാത്മാണെന്നുള്ള കാര്യം എല്ലാവർക്കും പ്രത്യക്ഷമായിട്ടറിയാം അപ്പൊ ചോദിക്കണേ നിനക്കറിയാമോ എനിക്കറിയത്തില്ല നിനക്കറിയാമോ എനിക്കും അറിയത്തില്ല പിന്നെ ഇതെല്ലാവർക്കും അറിയാം എനിക്കും അറിയത്തില്ല അവനും അറിയത്തില്ല മറ്റവനും അറിയത്തില്ല പക്ഷെ ഇതെല്ലാവർക്കും അറിയാം അപ്പോ വേദാന്തത്തിന്റെ തട്ടിപ്പ് എന്താണെന്ന് മനസ്സിലായോ ഇത്രയും ക്ലിയറായിട്ട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ പറയുന്നു തൊം പദാർത്ഥ ൊമ്പതാർത്ഥം ബ്രഹ്മമാണെന്നുള്ള ജ്ഞാനം തത്വമസീദി വാക്യാതീദിന വാക്യത്തിൽ നിന്ന് ഉപദ്ധ്യത യുക്തമായിരിക്കുന്നു എന്നർത്ഥം ആക്ഷേപ്ത പ്രഥമ കൽപ ആശ്രയം ദോഷമാഹ ഇവിടെ ചോദ്യം ചോദിക്കുന്നു ഭാഷയത്തിൽ ലോകേ ബ്രഹ്മ ആത്മത്വേന പ്രസിദ്ധമസ്തി തോ ജം ഏവേത്തി ആ ജിജ്ഞാസ്യത്വം പുനരാപന്നം എന്ന തദ്വിശേഷം പ്രതി വിപ്രതിബദ്ധ ഇവിടെ ചോദിക്കുകയാണ് ഈ ആത്മാവിനെ ബ്രഹ്മമെന്നൊരാൾ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇനി ബ്രഹ്മ ജിജ്ഞാസയുടെ ആവശ്യമില്ല ഇതിൽ ഇനി അറിയാനില്ലല്ലോ പിന്നെ ഇവിടെ ഇനി ബ്രഹ്മവിചാരം എന്നാണ് ചോദ്യം ാണ് പറയുന്നത് ആക്ഷേപ്ത പ്രഥമകൽപ്പാശ്രയം പ്രഥമകൽപം എന്ന് വെച്ചാൽ ദോഷമാക ദോഷം പറയുന്നെന്താണ് ഏതീ തെറിയ ലോകയെ ലോകത്തിൽ ലോകത്തിൽ എന്നാണ് ലോകത്തിൽ ആത്മാവിനെ ബ്രഹ്മമെന്നറിയുന്നുണ്ടെങ്കിൽ എന്നാണ് അപ്പൊ ഈ എന്ന് പറയുന്ന എന്താണ് അത് ഭാഷകാരൻ വ്യക്തമാക്കിയില്ല പക്ഷെ അത് ഭാമതികാരം കുറച്ച് ബുദ്ധിപൂർവ്വ വ്യാഖ്യാനിച്ചിരിക്കാണ് ഭാമതികാരം പറയുന്നത് ലോകീതി അധ്യാപകരമ്പോക ഈ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിലാണ് ഈ പറയുന്ന പരിപാടികളെല്ലാം അല്ല സാധാരണ മനുഷ്യരുടെ കാര്യമല്ല പറയുന്നു എന്നുവെച്ച ഭാഷകാരൻ പറഞ്ഞത് ചെറിയ ഭേദയാണ് ഭാഷികാരൻ പറഞ്ഞ എന്താണ് എല്ലാവരും ആത്മാവിനെ ബ്രഹ്മമായിട്ട് അറിയുന്നുണ്ടെന്ന് അപ്പം ഭാമതികാരം പറയുന്നത് അങ്ങനെ പറയുന്നത് എന്താ അത് ശരിയല്ല ഇതാരാണ് ഇതറിയുന്നത് നമ്മളെപ്പോലെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഇതൊക്കെ അറിയുന്നത് എന്ന് ഇത് എന്ത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ഭേദം അപ്പൊ ഈ പറയുന്ന ആത്മാവും ബ്രഹ്മവും തത്വമസിയെല്ലാം ആർക്കേ ഉള്ളൂ പഠിക്കുകയും പഠിപ്പിക്കുകയൊന്നും ആർക്കേ ഉള്ളൂ ആർക്കില്ല ശൂദ്രന്മാര് തുടങ്ങി വേറെ ആർക്കും ഇല്ല അവരാരും വേദം പഠിക്കുന്നുണ്ട് അതെ അത് ഭാഷ്യത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു സർവമെന്ന് പറഞ്ഞാൽ ഭാഷകാരൻ ആരെ ഉദ്ദേശിക്കുന്നു ഭാഷികാരൻ സർവമെന്ന് പറഞ്ഞ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവിടെ പറഞ്ഞു എല്ലാവരും അതിപ്പോ ഇതിനു മുമ്പും പറഞ്ഞെന്താണ് ജീവാത്മഹ പ്രത്യക്ഷ പ്രസിദ്ധേ ജീവാത്മാവിന് ഇത് പ്രത്യക്ഷമായി പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ അർത്ഥം എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാലും ജീവാത്മാവ് പ്രത്യക്ഷമെന്ന് പറഞ്ഞാലും ഈ കാര്യങ്ങൾ മൊത്തം ഇതെവിടെയാടക്കുന്നത് പഠിക്കുകയും പഠിപ്പിക്കുന്നവർ എഞ്ചിനീയറിന്റയില്ല അവര് വ്യാഖ്യാനിക്കുന്ന ആണിങ്ങനെ അങ്ങനെ സർവർക്കും ഇതറിയാം ജീവാത്മാവ് പ്രത്യക്ഷമാണ് അല്ലാതെ ഇത് ആർക്കെങ്കിലും പ്രത്യക്ഷമാണ് ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ ആത്മാവിനെന്താ തെളിവ് ഒരു തെളിവുമില്ല വിശ്വാസികള് തെളിവ് ചോദിക്കരുത് തെളിവെന്തെങ്കിലും ഹാജരാകാണ്ടോ ആത്മാവിന് നിങ്ങൾ ആരെങ്കിലും ഇന്നുവരെ കണ്ടിട്ടുണ്ടോ ആത്മാവിന് അത് വിശ്വാസമാണ് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വാസ വിശ്വസിക്കണ്ടാണ് പറയുന്നത് ഇത് അധ്യാപക അധ്യാ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആ പരമ്പരയിലാണ് ഈ കാര്യങ്ങളല്ല എല്ലാവരും അറിയുന്നു എന്ന് പറയുന്നതും ജീവാന്നോ പ്രത്യക്ഷമാണെന്നൊക്കെ പറയുന്നത് ഈ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഇടയ്ക്കുള്ള വ്യാഖ്യാനങ്ങളാണ് മനസ്സിലായോ അങ്ങനെ ഇത് വ്യാഖ്യാനിക്കുകയാണ് ജീവാത്മാവ് പ്രത്യക്ഷമാണെന്ന് വ്യാഖ്യാനിക്കാളു എന്താ ഞാൻ എന്നറിയുന്നത് ജീവാത്മാവനാണെന്ന് ഒരാൾ പറഞ്ഞാ പറഞ്ഞതാണ് അത്രേ ഉള്ളു അപ്പോ അല്ല എന്ന് പറയുന്ന ഒരാളേ ഉള്ളു ചാർവാകൻ ചാർവാകൻ പറയും ഞാൻ എന്ന് ഈ വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് ന്യൂറോ സയൻസും പറയും എന്താണ് ഞാൻ എന്ന് പറയുന്ന അനുഭവം ബ്രെയിൻ കൺസ്ട്രക്ട് ചെയ്താണ് ഈ ബോഡിയിൽ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു ബോഡിയിലത് ലൊക്കേറ്റ് ചെയ്യുന്നു ഈ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സംയോജിപ്പിക്കുന്നതിന് അങ്ങനെ ഒരു സെന്റർ ആവശ്യമാണ് അതിനു ബ്രെയിൻ ഇങ്ങനെ വന്ന് കൺസ്ട്രക്ട് ചെയ്തിട്ട് ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കേന്ദ്രമാക്കുന്നു എന്ന് വെച്ചാ ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ മണക്കുന്നു ഞാൻ രുചിക്കുന്നു ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങളെയെല്ലാം ബ്രെയിൻ എന്ത് ചെയ്യുന്നു ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ട് എന്റെ കേന്ദ്രം ബ്രെയിൻ തന്നെയാണ് പക്ഷെ ഒരു ബോധത്തെ സൃഷ്ടിച്ചിട്ട് ആ ബോധത്തെ ബന്ധിപ്പിക്കുന്നു ഇതാണ് ബ്രെയിൻ ചെയ്യുന്നത് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ശരീരത്തിലാണ് ഇത് ബ്രെയിനിന്റെ ഒരു കൺസെപ്ഷനാണ് എന്നാണ് ആര് പറയുന്നത് പക്ഷേ അദ്വൈതർ പറയുന്ന അങ്ങനെയല്ല ഇതെല്ലാവർക്കും അനുഭവങ്ങളാണ് എല്ലാവരും ഇതിനെ പ്രത്യക്ഷമായി അനുഭവിക്കുന്നു ഭഗവതികാരം പറയുന്നത് അധ്യാപക അദ്വേത പരമ്പരയില് ആണ് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് അവിടുത്തെ വ്യാഖ്യാനങ്ങളാണ് വിശ്വാസങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് എന്നാണ് ഭഗവതികാരം പറയുന്നത് എന്താണ് സർവ്വ മനുഷ്യരും താൻ ബ്രഹ്മമാണെന്നും ആരെങ്കിലും അറിയുന്നുണ്ട് താൻ ആത്മാവാണെന്ന് ആരെങ്കിലും അറിയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഞാൻ ആത്മാവാണെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ആത്മാവിനെ അറിഞ്ഞിന് ഇത് വേറെ ആരും അറിയുന്നില്ല ഇവിടെ കുറച്ചാൾക്കാർ മാത്രമേ ു അതിന് അതറിയണമെങ്കിൽ ഈ പുസ്തകം പഠിക്കണം ഈ പ്രസ്തകം പഠിച്ചില്ലെങ്കിൽ അതറിയാൻ പറ്റില്ല അതാണ് പറഞ്ഞത് അധ്യാപക അധ്യായത്തിൽ പരമ്പര ലോകം അവിടെ ചോദിക്കുന്നു തത്ര തീതിവാക്യാ ബ്രഹ്മാത്മത്വേന പ്രസിദ്ധമസ്തി അവിടെ ഭാഷകാരം പറഞ്ഞത് ബ്രഹ്മ ആത്മത്വേന പ്രസിദ്ധമാണ് ബ്രഹ്മം ആത്മാവ് എന്നുള്ള നിലയ്ക്ക് പ്രസിദ്ധമാണെന്ന് ശരിക്കും പറയേണ്ടത് ആത്മാവ് ബ്രഹ്മം എന്നുള്ള നിലയ്ക്ക് പറയേണ്ടത് ആത്മാവിനെ ബ്രഹ്മമായിട്ട് അറിയുന്നുണ്ട് അല്ലാതെ ആത്മാവായി അറിയുന്നു എന്നല്ല പക്ഷെ ഭാഷകാലം ഇവിടെ ആത്മത്വേന എന്നാ പറഞ്ഞത് ബ്രഹ്മത്തെ ആത്മാവായി അറിയുന്നുണ്ട് അതെന്താണ് തലതിരിച്ച് പറഞ്ഞത് അനുഭവികാരം പറയുന്നത് കൊഴപ്പൊന്നുമില്ല രണ്ടു ഒന്ന് തന്നെ അതുകൊണ്ട് ആത്മാവിനെ ബ്രഹ്മെന്നും ബ്രഹ്മത്തെ ആത്മാവെന്നും പറയാ രണ്ടു അതാണ് ആത്മാ ബ്രഹ്മത്വേനേക്ക് വക്തവ്യ ആത്മാ ബ്രഹ്മം എന്ന് പറയേണ്ട സ്ഥാനത്ത് ബ്രഹ്മ ആത്മത്വേന ബ്രഹ്മം ആത്മാവാണ് എന്ന് അഭേദ ഉപേക്ഷ ഗാല്പര്യം കൊണ്ട് പറഞ്ഞതാണെന്ന് മനസ്സിലായിക്കൊണ്ട് രണ്ടുജീ പറഞ്ഞാലും തെറ്റൊന്നുമില്ല എങ്ങനെ തത്വമസിന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ത്വം തത് അസിന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എല്ലാം ഒന്നു തന്നെയാണ് അതുപോലെ ആത്മാവ് ബ്രഹ്മമാണെന്ന് പറഞ്ഞാലും ബ്രഹ്മം ആത്മാവാണെന്ന് പറഞ്ഞാലും ഭാഷകാരം പറഞ്ഞതിൽ തെറ്റെന്ന് അർത്ഥം ഇവിടെ ആകെ ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എന്താണ് ഞാനെന്ന് പറഞ്ഞാൽ ജീവാത്മാവിനെ പ്രത്യക്ഷമായി അറിയുന്നു എന്ന് പറയുന്നത് മാത്രമാണ് ഒരു പ്രശ്നമുള്ളത് അത് നമ്മൾ വിശ്വസിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ വേറെ വഴിയില്ല ഇപ്പൊ എല്ലാവരും കൂടെ പറഞ്ഞു ഏത് തർഹി ലോകെ ബ്രഹ്മത്മത്വനെ പ്രസിദ്ധമാസിയെല്ലാവരും താൻ ബ്രഹ്മമാണെന്നല്ലോ എല്ലാവരും ഈ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരും അറിയണമെങ്കിൽ പിന്നെ ബ്രഹ്മ ജിജ്ഞാസയന്തിന് ബ്രഹ്മത്തെ അറിയാനുള്ള ആ താല്പര്യം എങ്ങനെ ഉണ്ടാവും അറിഞ്ഞല്ലോ തതോ ജ്ഞാതമേവാ അറിഞ്ഞുകഴിഞ്ഞു അജിജ്ഞാസ്യത്വം പുനരാപനം പിന്നെ ജിജ്ഞാസയുടെ ആവശ്യമില്ല അത് അഭിനന്ദിച്ച പ്രാപ്തമായി ജിജ്ഞാസ ആവശ്യമില്ല എന്ന് വരുന്നു അതിന് സിദ്ധാന്തി മറുപടി പറയുന്നത് പറഞ്ഞു ശരിയല്ല തദ്വിശേഷം ആത്മാവിന്റെ വിശേഷത്തെ സംബന്ധിച്ച് വിപ്രതിപത്തി എന്ന് വെച്ചാൽ സംശയമുണ്ട് ആത്മാവിനെ ജീവാത്മാവിനെ എല്ലാവരും പ്രത്യക്ഷമായി അറിയുന്നു പറഞ്ഞു അറിഞ്ഞാലും ആത്മാവിന് സംശയം ഉണ്ട് അതിന്റെ വിശേഷത്തെ സംബന്ധിച്ച് അപ്പ എല്ലാരും ജീവാത്മാവിനെ വളരെ പ്രത്യക്ഷമായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത്ശയമാണ് അപ്പത് ശരിക്കറിയുന്നില്ല ഇവിടെ പറയും നേരത്തെ പറയുന്ന കുറച്ച് മാറ്റി എന്താണ് ശരിക്ക് അറിയുന്നില്ല പാഷികാരം പറയുന്നു എന്താ പ്രശ്നം ബോധത്തോടുകൂടിയിരിക്കുന്ന ശരീരം ആത്മേയ ഇതാണ് ആത്മാവ് എന്ന് പ്രാകൃതാജനാഹ ബോധമില്ലാത്ത മനുഷ്യരും ആദിവാസികളും ലോകായുധികാസ്റ്റ ചാറുവാകന്മാരും പറയും അവിടെയാണ് സംശയം ഉണ്ടാവുന്നത് ഇവര് ശരിയാണോ എന്ന് സംശയം ഉണ്ടാവും മനസ്സിലായത് എല്ലാവരും അറിയുന്നെങ്ങനെയാണ് ഈ ബോധത്തോടു കൂടിയിരിക്കുന്ന ശരീരമാണ് ആത്മാവ് ഇതിനെയാണ് താനെന്ന് പറയും ആത്മാവെന്ന് താനെന്ന് പറയും ചാറുവാകീതി തന്നെ പറയും സാമാന്യ ജനങ്ങളിങ്ങനെ തന്നെ മനസ്സിലാക്കും എന്നാ പിന്നെ ഇന്ദ്രിയാണിയേവേതനാനി ആത്മീത്യ അവരേ ചില ആൾക്കാർ പറയുന്നു ചാരോഹകന്മാരിലെ ചില ആൾക്കാരാണ് ഇന്ദ്രിയങ്ങളാണ് ചൈതന്യമുള്ള ഇന്ദ്രിയങ്ങൾ അറിവുള്ള ഇന്ദ്രിയങ്ങളാണ് ആത്മാവെന്ന് ചിലര് പറയുന്നു ഇന്ദ്രിയാണിയവ ചേതനാനി ആത്മീത്യപരേ മനൈത്യന്യേ ചിലര് പറയുന്നു മനസ്സാണ് ആത്മാവ് വേറെ ആത്മാവെന്ന് മനസ്സിനെയാണ് ആത്മാവെന്ന് പറയുന്നു ഇനി വിജ്ഞാനമാത്രം ക്ഷണികവിക്തി ഏകെ ചിലർ പറയുന്നത് ക്ഷണികവിജ്ഞാനമാണ് ബൗദ്ധന്മാർ ഓരോ ക്ഷണത്തിനും ഉണ്ടായി നശിക്കുന്ന വിജ്ഞാനമാണെന്ന് ചിലര് പറയുന്നു ശൂന്യവിക്തി അവരെന്താ പറയുന്നത് ശൂന്യമാണ് അസ്ഥിക്തീര് ചെളു പറയുന്ന എന്താണ് വേറിട്ട് കർത്ത സംസാരി ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന കർത്ത പ്രവർത്തിക്കുന്ന ഭോക്ത പ്രവൃത്തിയുടെ ഫലം ഒരാളാണ് ആത്മാവെന്ന് ചെലര് പറയുന്നു ഭോക്തഏവ കേ കടത്തിയകെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നവനാണ് പ്രവർത്തിക്കുന്നവനല്ല എന്ന് വേറെ ചിലര് പറയുന്നു അസ്തിത്വ്യതിരിതീശ്വര ഈ ജീവനിൽ നിന്നും നേരിട്ട് ഒരു ഈശ്വരനാണ് ആത്മാവെന്ന് ചിലര് പറയുന്നു സർവജ്ഞ സർവജ്ഞനായ ഒരുശ്വരൻ സർവശക്തിയുള്ളത് ഈശ്വരനാണ് ആത്മാന്ന് പറയുന്നു ആത്മാസഭോക്തൃത്തിയവരെ ആത്മാവ് ഭോക്താവാണെന്ന് ചെല്ലു പറയുന്നു അനുഭവിക്കുന്നവനാണെന്ന് ബഹോ വിപ്രതിപന്ന പല അഭിപ്രായങ്ങൾ വിരുദ്ധാഭിപ്രായങ്ങൾ യുക്തി യുക്തിവാക്യ തദാഭാസ സമാശ്രയാസന്ത ഈ പറയുന്നവരെല്ലാം അവരവരുടേതായ യുക്തികൾ പറയുന്നുണ്ട് ഈ പറയുന്നവരെല്ലാം വാക്യങ്ങളെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് യുക്തിവാക്യ തദാഭാസങ്ങൾ എന്ന് വെച്ചാൽ ശരിയായ വ്യാഖ്യാനമല്ല ശരിയായ യുക്തികളുമല്ല അതിനാശ്രയിക്കുന്നു തത്ര അവിചാര്യ കിഞ്ചിത് പ്രതിപദ്ധ്യമാനോ നിശ്രേയസാത് അനർത്ഥം ചെയ്യുക ഈ ഒരു വിഷയത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ വിചാരം ചെയ്യാതെ യത് കിഞ്ചിത് പ്രതിബദ്ധ്യമാണ് എന്തെങ്കിലും ധരിച്ചു കഴിഞ്ഞാൽ നിസ്സാൽ മോക്ഷത്തിൽ നിന്ന് അവൻ നശിച്ചു പോവും ശരിയായി മനസ്സിലാക്കുന്ന എന്തിനു വേണ്ടി മോക്ഷത്തിനു വേണ്ടി അനർത്ഥം ചെയ്യാതെ അവൻ അനർഥത്തെ പ്രാപിക്കും തസ്മാതുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ ഉപന്യാസമൊക്കെ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന ഒരു കാര്യത്തെ നിർദ്ദേശിച്ച് അതിലൂടെ വേദാന്തവാക്യമീമാംസ ഇവിടെ എന്താ ചെയ്യുന്നത് വാക്യങ്ങളുടെ വിചാരമാണ് അവിരോധി തർക്കോപകരണം അതിന് വിരോധിയായ ഒരു യുക്തിയും പറയാൻ പാടില്ല തർക്കം വരാൻ പാടില്ല നിശ്രേയസ പ്രയോജന അതിന്റെ പ്രയോജനം മോക്ഷമായിരിക്കണം പ്രസ്തൂയതേ ആരംഭിക്കുന്നു ഇത് ചിത്ര സാധിക്കണം ഇത്രയാണ് ഒന്നാമത്തെ സൂത്രത്തിന്റെ അർത്ഥം പറയുന്നത് എന്താണ് ഈ വേദാന്തവാക്യങ്ങളെ വിചാരം ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മസൂത്രം അതാണ് എന്താണ് അതിന്റെ പ്രയോജനം മോക്ഷമാണ് ഇത് ശരിയായി മനസ്സിലാക്കില്ലെങ്കിൽ മോക്ഷം കിട്ടാതും പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ആത്മാവിനെക്കുറിച്ച് സി ജീവാത്മാവ് പരബ്രഹ്മം തന്നെ എന്നുള്ള അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മസൂത്രം ആരംഭിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ സൂത്രത്തിന്റെ താത്പര്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് തുടങ്ങിക്കൊണ്ട് ഇതിനെ ജിജ്ഞാസ അധികരണം എന്ന് പറഞ്ഞാൽ ജിജ്ഞാസയെക്കുറിച്ച് പറയുന്ന ഭാഗം ད�སས དསས དདས དར དགས དེ